ാന്തത്തിൽ ഇവിടെ അധ്യാസമാണ് ആത്മാവും അനാത്മാവും ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളിൽ അധ്യാസം സംഭവിച്ചു താദാത്മി അനുഭവമാണ് ചെയ്തൊരു ധ്രഹമാണ് പറയുന്ന അനുഭവം ധ്രഹമാണ് ഓരോ പക്ഷി പറയുന്നത് അങ്ങനെ ഈ രണ്ട് ധർമ്മികളും ആത്മാവും അനാത്മാവും ഭിന്നങ്ങളാണ് അതുകൊണ്ട് അത് തമ്മിൽ താതാന്മ്യം സംഭവിക്കും അത് സംഭവിക്കാത്തതുകൊണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും ധർമ്മങ്ങൾ ആത്മധർമ്മങ്ങൾ ചൈതന്യം തുടങ്ങിയ കാര്യങ്ങളും മനാത്മധർമ്മങ്ങൾ ജടത്വം തുടങ്ങിയ കാര്യങ്ങളും തമ്മിലും താതാമ്യം സംഭവിക്കുന്നു ധർമ്മീ അധ്യാസം സംഭവിക്കാത്തതുകൊണ്ട് ധർമ്മധ്യാസം സംഭവിക്കുന്നു സ്വാശ്രയാഭ്യാം ലഭിക്കുക സ്വാശ്രയങ്ങൾ എന്ന് പറഞ്ഞാൽ ധർമ്മികം അതിൻ്റെ വ്യവധാനുള്ളതുകൊണ്ടെന്ന് വെച്ചാൽ അതിൽ അധ്യാസം സംഭവിക്കാത്തതുകൊണ്ട് ദുരാപേഗമാണ് ധർമ്മ അധ്യാസം പാടെ നിക്ഷേപിച്ചിരിക്കുന്നു ഒന്ന് സംഭവിച്ചാലേ മറ്റൊന്ന് സംഭവിക്കും ഒന്ന് സംഭവിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ വേഗത ധർമ്മി അധ്യാസമുണ്ടെങ്കിൽ പിന്നെ ധർമ്മധ്യാസ അപ്പോ പൂർവോക്ഷി പറഞ്ഞു ഇഷ്മസൂ പ്രത്യേകോദ്രോഹം എന്ന് പറഞ്ഞ ആ ആശയത്തേണിവിടെ ഭാമതീകാരം സാദേ ഇതുവരെ പറഞ്ഞ് ഇത്രയാണെന്ന് പറഞ്ഞ് വിശദീകരിച്ചു ഭാഷ്യത്തിൽ വിഷയ ധർമാണാഞ്ച അധ്യാസ തദ്വിപരീടെ വിഷയുടെ ധർമാണാഞ്ച വിഷയ അധ്യാസവും മിഥ്യ എന്നുള്ള അതാണ് വിശദീകരിച്ചത് ധർമ്മികൾ തമ്മിൽ അധ്യാസവും സംഭവിക്കില്ല ധർമ്മങ്ങൾ തമ്മിൽ അഭ്യാസവും സംഭവിച്ചില്ല ാണ് വിഷയത്തെ ധർമാണാം അധ്യാസം വിഷയത്തിന്റെയും അതിന്റെ ധർമ്മങ്ങളുടെയും അധ്യാസം എവിടെ സംഭവിക്കണം എവിടെയാ സംഭവിക്കണം വിഷയം ഇപ്പം വിപരീയാണ് മറിച്ച് വിഷയിണത്തെ ധർമാണാം വിഷയ അത്യാസം വിഷയുടെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും അഭ്യാസങ്ങളുടെ സംഭവിക്കണം വിഷയത്തിൽ അതും നടക്കില്ല അതാണുള്ള ഭാഷ്യാങ്കൻ പറയുന്നത് തദ്വിപര്യണം എന്ന് ഭാഷയത്തിൽ വന്നു അതിൻ്റെ അർത്ഥം പറയുന്നത് വിഷയ വിപരീയണം വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് തത്തെന്ന് പറഞ്ഞു വിഷയത്തെ വിപരിയണമെന്ന് അതിന് വിപരീതമായി ഏതിനു വിപരീതമായി വിഷയത്തിൻ്റെയും അതിൻ്റെ ധർമ്മങ്ങളുടെയും അഭ്യാസം വിഷയി സംഭവിക്കുന്നില്ല തദ്വര അതിനെങ്ങനെയാണ് സംഭവിക്കാത്ത അതിന് വിപരീതമാണ് വിഷയത്തിൽ സംഭവിക്കുന്നില്ല അതിന് വിപരീതമായി വിഷയിടത്ത ധർമ്മമാണ് എന്നെടുക്കാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞത് വിഷയ അധ്യാസവും മിഥ്യത് അധ്യാസവും മിഥ്യ ഇത്ര മാത്രം എടുക്കുകയാണെങ്കിൽ അധ്യാസം എന്ന് പറയുന്നത് മിഥ്യയാണെന്ന് നടത്തുക അധ്യാസം എന്ന് പറയുന്നത് അനുവചനീയമാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയുള്ള അർത്ഥങ്ങളിൽ ഇവിടെ എടുക്കേണ്ടത് ഇവിടെ മിഥ്യ എന്ന് പറഞ്ഞാൽ മിഥ്യ ഭവിത മിത്യെന്ന് വെച്ചാൽ അധ്യാസം സംഭവിക്കില്ല സാ എന്ന് പറയുന്ന അനുലചനീയ അർത്ഥത്തിലല്ല എന്ന് പറയുന്നത് വിദ്യാശബ്ദ അപഹ്നവ വചന അപഹ്നവെന്ന് വെച്ചാൽ നിഷേധ നിഷേധ വചനമാണ് നിഷേധത്തിൻ്റെ ശബ്ദമാണ് വ്യത്യാസം എന്ന് വെച്ചാൽ നായുടെ അർത്ഥത്തിലുള്ള ശബ്ദമാണ് നമ്മുടെ അധ്യാസം വിദ്യ എന്ന് പറഞ്ഞാൽ അഭ്യാസം അനുലയനീയമാണെന്നും അധ്യാസം നടക്കില്ലെന്നാണ് പൂർവപക്ഷവും സാദ് നേരത്തെ പറയുമ്പോൾ പിന്നെ ഏതത് ഉത്തം ഭവതി എന്ന് പറയുന്നത് ഭാഷയത്തിന്റെ ആശയത്തെ വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു നേരത്തെ സാദ് സ്യാദ് ഇതായിരിക്കും ഇതാകട്ടെ ഇതുവരെ പറഞ്ഞത് എന്നുള്ള രീതി പറയുന്നത് ഉത്തം ഏതത് ഇതുവരെ പറഞ്ഞു ഇതുംകാരസിന് ഉപയോഗിക്കുന്നു എന്താണ് പറയുന്നത് അധ്യാസോ ഭേദ ആഗ്രഹേണ വ്യാപ്തം തദ്വിരുദ്ധ ഇഹ അസ്തി ഭേദഗ്രഹം സ ഭേദഗ്രഹം നിവർത്തയൻ തദ്വ്യാപ്തം അധ്യാസം അഭി നിവർത്തയത്തി ഇതുവരെ ഭാഷയത്തിൽ പറഞ്ഞ ഇതെല്ലാം കൂടെ ഒരൊറ്റ വരി കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ബാമലി സംഗ്രഹിച്ച് എന്താണ് പറയുന്നത് അഭ്യാസം എവിടെയെങ്കിലും നടക്കണമെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അവിടെ ഭേദാഗ്രഹം ഉണ്ടായി ഏതുപോലെ എവിടെയെങ്കിലും പുക കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണമെന്താണോ അവിടെ തീയുന്നത് എത്ര എത്ര തൂമ അത്ര എത്ര അഗ്നി അവിടെ വ്യാപ്യം അതാണ് ധൂമം വ്യാപ്യമാണ് ആദ്യം പറയുന്നതാണ് വ്യാപ്യം പിന്നെ വ്യാപകം എന്താണ് തിരിച്ചു പറയാൻ പറ്റൂല എവിടെ എവിടെയെല്ലാം പന്നിയുണ്ടോ അവിടെ എവിടെയെല്ലാം ധൂമുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ചുട്ടുപഴുത്ത ഇരുമ്പുണ്ടതിന് വന്നിയെടുത്ത് പുകയില്ല അപ്പോ ഈ പറയുന്നത് എന്താണ് എത്ര എത്ര ധൂമത്ര അഗ്നി എന്ന് പറയുന്ന ഒരു നിയമമാണ് ആ നിയമത്തിന്റെ പേരാണ് എന്ത് വ്യാപ്തി സാഹചര്യ നിയമം വ്യാപ്തി ആ നിയമം ഇപ്പോൾ വരുന്നത് ധൂമത്തിലാണ് വന്യല എത്ര എത്ര ധൂമം അത്ര എത്ര അഗ്നി പറയാൻ പറ്റും തിരിച്ച് എത്ര എത്ര അഗ്നി അത്ര എത്ര ധൂമം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നിയമവും ധൂമത്തിലാണ് വന്യല ഇങ്ങനെ നമ്മൾ പറയണ്ട എവിടെ എവിടെയെല്ലാം ധൂമുണ്ട് അവിടെ എവിടെയെല്ലാം അഗ്നിയുണ്ട് അപ്പൊ അഗ്നി ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും എവിടെമുണ്ടോ അവിടെ അഗ്നി അഗ്നിയില്ലെങ്കിൽ അതുകൊണ്ടിവിടെ പറയുന്നു എവിടെ എവിടെയെല്ലാം അത്യാസമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭേദാഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ഭേദാഗ്രഹം ഇല്ലെങ്കിലോ ൂമും വ്യാപ്യം വന്നി വ്യാപകം വ്യാപ്യമായ തൂമം എവിടെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട് വ്യാപകമായ എവിടെ വ്യാപകമായ വന്നി അവിടെ വ്യാപ്യമായ തൂമവും ഇല്ല അതുപോലെ എവിടെ അധ്യാസമുണ്ട് അത് വ്യാപ്യമാണ് അവിടെ എല്ലാം ഭേദ ആഗ്രഹമുണ്ട് വ്യാപകവും ഇവിടെ ഭേദ ആഗ്രഹമില്ലേ ഇവിടെ അതിന് ഭേദ ആഗ്രഹം എന്താണെന്ന് അറിയുക ഭേദം ഭേദഗ്രഹം എന്താണെന്ന് പറയുന്നത് ഭേദഗ്രഹം എന്ന് വെച്ചാൽ ഭേദജ്ഞാനം ഉദാഹരണം ആത്മാവിനെ അനാത്മാവിനെ എടുക്കുക ഇവിടെ ഇതുവരെ പറഞ്ഞ അനുസരിച്ച് എന്താണ് ആത്മാവും അനാത്മാവും രണ്ടിനെയും വേർതിരിച്ചറിയാം എങ്ങനെ മേഡിച്ചറിയാം ആത്മാവിനെയും അനാത്മാവിനെയും വേദിച്ചറിയുന്നെങ്ങനെ അങ്ങനെയാണ് ഇതുവരെ പറഞ്ഞ പറ അസ്മത് പ്രത്യേക ഗോചരമാണ് ആത്മാവ് യുഷ്മത് പ്രത്യേക വ്യക്തമായിട്ട് പറയാം അപ്പൊ ആത്മാവിനെയും അനാത്മാവിനെയും ഇന്നെയും നമുക്ക് അറിയാം ഞാനെന്നറിയുന്ന ആത്മാവും നീ എന്നറിയുന്നത് അപ്പൊ അവിടെ ഭേദംഞാനുണ്ട് അപ്പൊ ഭേദഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഭേദാഗ്രഹം എന്ന് പറഞ്ഞാലോ ഭേദം ഞാനുണ്ടായിരിക്കും ആത്മാവിന്റെയും അനാത്മാവിന്റെയും കാര്യത്തിൽ അവിടെ ഭേദഞ്ജാനുണ്ടോ ഇല്ലേ അപ്പോ ഭേദാഗ്രഹം എന്ന് വെച്ചാൽ ഭേദജ്ഞാനം ഇല്ലാതെ അധ്യാസം വേണമെങ്കിൽ എന്ത് വേണം വേദജ്ഞാനം പുക വേണമെങ്കിൽ എന്ത് വേണം തീ വേണം അധ്യാസം വേണമെങ്കിൽ എന്ത് വേണം ഭേദജ്ഞാനം ഇല്ലായി ഇനി ആത്മാവ് പരാത്മാവ് ഇവിടെ അധ്യാസം ഉണ്ടോ എന്തുകൊണ്ട് വേദജ്ഞാനവും ആത്മാവും അനാത്മാവും തമ്മിലെ അധ്യാസം ഇല്ല എന്തുകൊണ്ട് രണ്ട് നമ്മളുടെ വേദജ്ഞാനം ഉണ്ട് അധ്യാസം വേണമെങ്കിൽ എന്ത് വേണം വേദജ്ഞാനം ഉണ്ടാകാൻ പാടില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അരുണസ്പടികം അവിടെ നോക്കുക സ്പടികത്തെ കണ്ടിട്ടൊരാൾ പറയരുത് ചുവന്ന സ്പടികം ചുവന്ന സ്പടികം അവിടെ ഏകത്ത് ഭ്രമമുണ്ട് അങ്ങനെ സ്പടികം വെളുത്താണ് ഞങ്ങൾ എന്താ പറയുന്നത് ചുവന്ന സ്പടികം ഇവിടെ എന്താ സംഭവിച്ചത് ചുവപ്പ് എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂരിന്റെ നിറമാണ് സ്പടികം വെളുത്തതാണ് സ്പടികം ചുവന്നതാണെന്ന് പറയുന്ന ആളിന് ചോപ്പ് നിറവും സ്പടികവും തമ്മിലുള്ള ഭേദം ഞാനുണ്ട് അതാണ് പറയുന്ന ചുവന്ന പടി എന്ന് പറയുമ്പോൾ അതറിയാം ഒഴി കാണുന്ന ചോപ്പ് ചെമ്പരത്തിപ്പൂതാണെന്നും പഠിക്കത്തിൻ്റെ അല്ലെന്നോ അയാൾക്കറിയാം അറിയാൻ അരുണ പടിക പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത മായാലെ ധരിച്ചിരിക്കുന്ന എന്താണ് പടികൾ ചുവന്നതാണ് അവിടെ എന്താണ് ചോപ്പ് പഠിക്കുന്നു നമ്മുടെ ഭേദജ്ഞാനം ഇല്ല വേണ്ട അതുകൊണ്ടവിടെ എന്നുണ്ടായി വിദ്യാസുണ്ട് ഇതാണ് ഇവിടെ പറയുന്നത് എവിടെ ഭേദാനം ഇല്ലയോ അവിടെ അധ്യാസം ഉണ്ടാവും അതാണ് അരുണസ് പഠിക്കുന്നത് എവിടെ ഭേദജ്ഞാനം ഉണ്ടോ അവിടെ അധ്യാസം ഉണ്ടാകത്തില്ല അതാണ് എന്താണ് ഇവിടെ ഭേദജ്ഞാനം ഇല്ല അവിടെ അത്യാസം ഉണ്ടാകും എന്താ ഉദാഹരണം എവിടെ ഭേദജ്ഞാനം ഇല്ല അവിടെ അത്യാസം ഉണ്ടാകുന്ന ഒരു ഉദാഹരണമാണ് അർണോസ് പഠിക്കും എവിടെയാണോ ഭേദജാന നമ്മൾ അവിടെ അഭ്യാസം ഉണ്ടാകത്തില്ല അതെന്താ ആത്മാവോ അനാത്മാവ് ആത്മാവ് അനാത്മാവ് അവിടെ ഭേദഞ്ഞാണ് ഇപ്പൊ അധ്യാസം ഉണ്ടാവും ആത്മാവിനെ അനാത്മാവിനെ എങ്ങനെയാണ് വേറിട്ടറിയുന്നത് പ്രത്യേകപരമായിട്ട് ആത്മാവിനെയും ആ വാക്യം തുടങ്ങുന്നതിനു വേണ്ടിയിട്ടാണ് ആത്മാവിനെയും അനാത്മാവിനെയും ഒരാൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാണ് കുറവ് ഇത് മനസ്സിലാക്കിയാലി പറയുന്നതെന്ന് മനസ്സിലാവും ആത്മാവിനെ അനാത്മാവിനെ ഇങ്ങനെ വ്യക്തമായിട്ട് ആത്മാവിനെ അറിയുന്നത് അസ്മപ്രത്യം പോലെയാണ് ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ അനാത്മാവിനെ എങ്ങനെ അറിയുന്നു ഇത് അനുഭവത്തിന്റെ എനിക്ക് അനാത്മാവായിട്ടൂടെ ദേഹത്തെടുത്തു ഒരാള് ആത്മാവിനെയും അനാത്മാവായ ദേഹത്തെയും വേറെ വേറെയാണ് അറിയുന്നത് അതിലൂടെ എന്ത് സംഭവിക്കില്ല വ്യത്യാസം അതിലൂടെ കാർത്തികന്മാരുടെ ഭാഷയിലാണ് പറഞ്ഞത് എവിടെവിടെ അധ്യാസമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭേദജ്ഞാനും ഉണ്ടായിരിക്കത്തില്ല എന്നിട്ട് ഭേദാഗ്രഹമായിരിക്കും എവിടെ എവിടെയെല്ലാം അഭ്യാസമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭേദാഗ്രഹം ഉദാഹരണം എവിടെ എവിടെയെല്ലാം ഭേദാഗ്രഹമില്ലേ അവിടെയൊന്നും വിദ്യാസ്യ ഏതുപോലെ എവിടെ എവിടെയെല്ലാം രൂപമുണ്ടോ അവിടെ എവിടെയെല്ലാം മഞ്ഞുണ്ട് എവിടെവിടെയെല്ലാം മഞ്ഞി ഇല്ലേ അവിടെയൊന്നും ധൂമു മഞ്ഞി എന്നും വ്യാപ്യം എന്നാണ് വ്യാപ്യം വ്യാപ്തം എന്ന് പറയും വ്യാപ് വ്യാപ്തിയുടെ ആശ്രയം വ്യാപ്തം ആണ് ധൂമം ധൂമത്തിലാണ് നിയമം വരുന്നത് എവിടെ എവിടെയെല്ലാം ധുമ്മുണ്ടോ അവിടെ എവിടെയെല്ലാം മഞ്ഞ ഉണ്ട് എവിടെ മഞ്ഞിയില്ലയോ എവിടെ അഭ്യാസമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭേദാഗ്രഹമുണ്ട് ഉദാഹരണം നിർണസ് പഠിക്കാം എവിടെ ഇവിടെയെല്ലാം അഭ്യാസമുണ്ടോ ഇവിടെ ഭേദാഗ്രഹം ഉണ്ട് എന്നിട്ട് ഭേദം ഞാനില്ലേത് ഭേദം ഞാൻ ഇല്ല എന്ന് പറയുന്നതിന് വേറെ ഇവിടെ പറയുന്നത് ഭേദാഗ്രഹമുണ്ടെന്നാണ് തിരിച്ച പറയുന്നത് കാര്യമൊന്നും എന്നിട്ട് ഈ മേശയുടെ പുറത്ത് പുസ്തകം എന്ന് പറയുന്നതിന് ഒരു ഒന്ന് പറയാം പുറത്ത് പുസ്തകത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറയാം എന്ന് പറയുന്ന നേടത്ത് ഉണ്ടെന്ന് പറയുന്ന കാര്യം തന്നെ മേശയുടെ പുറത്ത് പുസ്തകം ഇല്ല എന്ന് പറയുമ്പോൾ ഇതേ കാര്യം ഉണ്ടെന്നും പറയാം എങ്ങനെ മേശപ്പുറത്ത് പുസ്തകത്തിന്റെ അഭാവം ഉണ്ട് രണ്ടൂന്ന് തന്നെയാണ് ഒരേ കാര്യം പറയുന്നതിന് ഇല്ലെന്നും പറയാം ഇല്ലെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയും പുസ്തകം ഉണ്ടെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയും പുസ്തകത്തിൻ്റെ അഭാവം ഒരേ തന്നെയാണ് അഭാവമുണ്ടെന്ന് പറഞ്ഞാൽ പുസ്തകം അങ്ങോട്ടെവിടെ എന്ന് പറയുമോ വേദ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ാണ് ഭേദഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഭേദഗ്രഹം ഉണ്ട് ഭേദഗ്രഹമില്ല ഭേദ അഗ്രഹമുണ്ട് ഭേദ അഗ്രഹം അഗ്രഹം എന്ന് വെച്ചാൽ ഗ്രഹത്തിന്റെ അഭാവം ഗ്രഹം എന്ന് വെച്ചാൽ ജ്ഞാനം ഭേദ സംഗ്രഹം ഉണ്ട് ഭേദഗ്രഹം ഭേദജ്ഞാനം ഭേദാഗ്രഹം എന്ന് വെച്ചാൽ ഭേദഗ്രഹ അഭാവം ഉണ്ടെന്ന് േദ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേദജ്ഞാനാഭാവം ഭേദ ആഗ്രഹം കൊണ്ടുവന്നു പറഞ്ഞ വേദഗ്രഹ അഭാവമുണ്ട് ഭേദഗ്രഹം ആദ്യം വെച്ചാൽ വേദജ്ഞാനം പിന്നെ പറയുന്നു വേദാഗ്രഹം എന്ന് വെച്ചാൽ വേദ അഭാവം പിന്നെ പറയുന്നു ഭേദാഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ വേദ ജ്ഞാന അഭാവമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഭേദ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഭേദഗ്രഹ അഭാവം ഉണ്ടെന്നാണ് ഭേദ അഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വേദജ്ഞാനഭാവം അഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ വേദജ്ഞാന മൂന്ന് തരത്തിലും പറയുന്ന തന്നെ ആദ്യം പറയുന്ന എന്താണ് വേദ അഗ്രഹം ർത്ഥം എന്താണ് ഭേദ ഗ്രഹ പ്രഭാവം ഉണ്ട് എന്നു പറഞ്ഞാൽ എന്താണ് ഭേദ ഗ്രഹം ഇല്ല ഇന്നെന്താണ് ഭേദ ഞാനും ഇല്ല മനസ്സിലായ ഭേദ വിഗ്രഹം ഗ്രഹം എന്ന് േദാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് വേദ ജ്ഞാനാഭാവം ഭേദാഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ വേദജ്ഞാനാഭാവം വേദജ്ഞാനാഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം അഭാവം എന്ന് പറഞ്ഞാൽ ഇല്ല ഭേദജ്ഞാനം ഇല്ല എവിടെ എവിടെയൊക്കെ അധ്യാസമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭേദ ആഗ്രഹമുണ്ടല്ലോ എന്ന് വെച്ചാൽ ഭേദജ്ഞാനം ഇല്ല ഒരു കഥ എവിടെ എവിടെയെല്ലാം അധ്യാസമുണ്ടോ അവിടെയെല്ലാം ഭേദജ്ഞാനം ലാകണം േദന തിരിച്ചു പറയാം എവിടെ ഭേദാഗ്രഹം ഇല്ലയോ അവിടെ അധ്യാസം എവിടെ ഭേദ ആഗ്രഹം ഇല്ലയോ അവിടെ അധ്യാസം അപ്പൊ ഭേദ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഭേദഗ്രഹമുള്ളത് ഭേദ ആഗ്രഹം ഇല്ലാന്ന് പറഞ്ഞാൽ എന്താണ് എവിടെയാണോ വേദഗ്രഹമുള്ളത് എവിടെയാണ് വേദഗ്രഹമുള്ളത് അതുപോലെ അധ്യാസം വളച്ചതിരിച്ച് പറയുന്നു എന്നുള്ളവരെയുള്ളൂ ചുരു എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയുണ്ട് എവിടെ അധ്യാസമുണ്ട് അവിടെ ഭേദജ്ഞാനം ഭേദജ്ഞാനം ഇവിടെ അഭ്യാസമുണ്ടോ അവിടെ ഭേദജ്ഞാനം ഇല്ല ഇവിടെ ഭേദജ്ഞാനം ഇല്ലയോ അവിടെ ഇവിടെ ഭേദജ്ഞാനം ഇല്ല അധ്യാസം ഇവിടെ അത്യാസമുണ്ടോ അവിടെ ഭേദജ്ഞാനം ഇല്ല ഇവിടെ അധ്യാസമുണ്ടോ അവിടെ ഭേദജ്ഞാനം ഇല്ല ഇവിടെ അധ്യാസമുണ്ട് അവിടെ ഭേദജ്ഞാനം അതാണ് അന്യം പിന്നെ അടുത്ത് എവിടെ ഭേദജ്ഞാനം ഇല്ല എന്നല്ല പറയുന്നത് എവിടെയാണോ ഭേദ ആഗ്രഹമില്ലാത്തത് എന്നാ പറയുന്നത് എവിടെയാണോ ഭേദ ആഗ്രഹം എന്ന് വെച്ചാൽ ഭേദ ഗ്രഹ അഭാവം ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ഭേദഗ്രഹം ഉള്ളത് എവിടെയാണോ ഭേദഗ്രഹം ഉള്ളത് ഭേദജ്ഞാനമുള്ളത് അവിടെ അത്യാസം ഇല്ല കാരണം ഇവിടെ അഭാവം വരുന്നുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഭാവമാണെങ്കിൽ എളുപ്പമാണ് ഇവിടെ തൂങ്ങ അവിടെ വന്യോ ഇവിടെ വന്നിയില്ലേ ഇവിടെ തൂങ്ങൂ എളുപ്പമാണ് ഇവിടെ ഈ ഭേദാഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ പറഞ്ഞോ ഇവിടെ അധ്യാസമുണ്ടോ ഇവിടെ ഭേദാഗ്രഹമുണ്ട് ഇവിടെ ഭേദാഗ്രഹമില്ലേ ഇവിടെ അധ്യാസമുണ്ട് ഇത്രയും പറഞ്ഞോ ഞാൻ രാശയം മനസ്സിലാക്കിയാണ് ഇവിടെ അധ്യാസമുണ്ടോ അവിടെ േദാഗ്രഹം ഉണ്ട് ഇവിടെ അധ്യാസമുണ്ടോ അവിടെ ഭേദാഗ്രഹം ഇവിടെ ഭേദാഗ്രഹം ഇല്ലയോ അധ്യാസം ഇവിടെ അധ്യാസമുണ്ടോ അവിടെ ഭേദാഗ്രഹമുണ്ട് ഉദാഹരണം പറഞ്ഞ പഠിക്കുന്നു എവിടെ ഭേദാഗ്രഹം ഇല്ലയോ അവിടെ അധ്യാസമുണ്ട് ഉദാഹരണം ആത്മാവും അനാത്മാവും ഇതാണ് അതൊരു വ്യാപ്തിയുടെ നിയമത്തിലൂടെ പറഞ്ഞു ദൂരെ പറഞ്ഞ കാര്യം തന്നെയാണ് അത് തിരിച്ചും മറിച്ചുമൊക്കെ വിശദീകരിച്ച് പറയാം അതിനോട് പറയുന്ന അധ്യാസം ഭേദാഗ്രഹേണ എന്ന് പറയുമ്പോൾ അധ്യാസം വ്യാപ്യവും ഭേദാഗ്രഹം വ്യാപകമാണെന്ന് മനസ്സിലാക്കുന്നു അവിടെ വ്യാപ്തമായിരിക്കുന്ന അധ്യാസം എന്ന് വെച്ചാൽ അധ്യാസം വ്യാപ്തി വിശിഷ്ടമാണെന്ന് അധ്യാസം വ്യാപ്യമാണ് അത് ഓർത്തുവയ്ക്കാൻ വേണ്ടി അധ്യാസത്തിൻ അധ്യാസത്തെ ധൂമത്തിൻ്റെ സ്ഥാനത്തും ഭേദാഗ്രഹത്തെ ഭിയുടെ സ്ഥാനത്തും മനസ്സിലാക്കും തെറ്റാതിരിക്കാൻ വേണ്ടി ഈ ആഗ്രഹം വന്നുകൊണ്ട് അർത്ഥം പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകുന്നു അധ്യാസേതിൻ്റെ സ്ഥാനത്ത് ഒരു ഭേദാഗ്രഹം പന്നിയുടെ സ്ഥാനം അപ്പോൾ വ്യാപ്യവേതായി ഭേദാഗ്രഹം ആയി ഇത് ഇങ്ങനെയാണ് നിയമം വെച്ചു കഴിഞ്ഞാൽ അതാണ് അധ്യാസം ഭേദാഗ്രഹേണ തദ്വിരുദ്ധ ഇഹ അസ്ഥി ഭേദഗ്രഹം തദ്വിരുദ്ധം എന്ന് ഭേദാഗ്രഹത്തിന് വിരുദ്ധമായി ഭേദാഗ്രഹം എന്ന് പറയുന്നതിൻ്റെ വിരോധം എന്താണ് ഭേദഗ്രഹം ഭേദാഗ്രഹം എന്ന് പറഞ്ഞാൽ ഭേദഞ്ജാനും ഇല്ലാതിരിക്കുക അതിന്റെ വിപരീതം എന്താണ് ഭേദജ്ഞാനം ഉണ്ടായിരിക്കുക അതാണ് തദ്വിരുദ്ധസ്റ്റാൽ വ്യാപകത്തിന് വിരുദ്ധമായി ഇഹ അസ്ഥി അതാന്ന് വെച്ചാൽ ആത്മാവിനും അനാത്മാവിനും ഭേദഗ്രഹ അസ്ഥി വ്യാപകത്തിന് വിരുദ്ധമായി ആത്മാവിനും അനാത്മാവിനും ഭേദം ഞാനും എന്ന് പറഞ്ഞാൽ ഇവിടെ അധ്യാസം നടക്കില്ല എന്തുകൊണ്ട് ഇവിടെ ഭേദജ്ഞാനം ഉണ്ട് സ ഭേദാഗ്രഹം നിവർത്തയൻ തദ്വ്യാപ്തം അധ്യാസമതി നിവർത്തയതി സ എന്ന് വെച്ചാൽ ഭേദഗ്രഹം എന്ന് വെച്ചാൽ ഭേദഗ്രഹം ഭേദഗ്രഹം എന്ന് വെച്ചാൽ എന്താണ് ഭേദജ്ഞാനം സ ഭേദാഗ്രഹം നിവർത്തയൻ ഭേദാഗ്രഹത്തെ ഇല്ലാതാക്കുന്നു ഭേദജ്ഞാനം വന്നാൽ പിന്നെ അവിടെ ഭേദ ആഗ്രഹം ഉണ്ടാകുക ഭേദഗ്രഹം എന്ന് വെച്ചാൽ ഭേദജ്ഞാനാവും വന്നാൽ പിന്നെ ഭേദാഗ്രഹമില്ല അപ്പോ ഭേദഗ്രഹം ഉള്ളിടത്ത് എന്ത് ചെയ്യുന്നു ഭേദാഗ്രഹത്തെ ഇല്ലാതാക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് അവിടെ നേരത്തെ പറഞ്ഞ വ്യാപകത്തെ ഇല്ലാതാക്കുന്നു ഭേദാഗ്രഹമാണ് അധ്യാസത്തിന്റെ വ്യാപകം ആ വ്യാപകം ഇല്ലാതായി കഴിഞ്ഞാൽ വ്യാപ്യമായ എന്തില്ലാതെയാവും ഇത് തർക്കത്തിന്റെ ഭാഷയിൽ പറയുന്നു തർക്കീയ ശൈലി പറയുന്നു സ ഭേദാഗ്രഹം നിവർത്തയൻ എന്ന് വെച്ചാൽ ഭേദഗ്രഹം ഭേദാഗ്രഹത്തെ ഇല്ലാതാക്കിയിട്ട് തദ്വ്യാപ്തം അധ്യാസം എന്ന് പറയുന്നു ഭേദ അദ്യ ആഗ്രഹത്തിന്റെ വ്യാപ്തമായെന്ന് വെച്ചാൽ വ്യാപ്യം വ്യാപ്തി വിശിഷ്ടമാണ് വ്യാപ്തം വ്യാപ്യമായ അധ്യാസം അഭി നിവർത്തയത് ഈ അധ്യാസത്തെ ഇല്ലാതാക്കുന്നു ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ് എവിടെ എവിടെയെല്ലാം അധ്യാസമുണ്ടോ അവിടെ എവിടെയെല്ലാം ഭേദ ആഗ്രഹം ഉണ്ടാവുന്നു ഭേദജ്ഞാനം നടത്തില്ല ഇവിടെയാണ് ഭേദജ്ഞാനമുണ്ടത് അവിടെ അധ്യാസം രണ്ടിന്റെ ഉദാഹരണ അർത്ഥമാണ് അധ്യാസമുണ്ടെങ്കിൽ ഭേദാഗ്രഹമുണ്ട് ഭേദം ഞാനം ഉണ്ടാകത്തില്ല അരുണാസ് പഠിക്കാം ഭേദ ആഗ്രഹമില്ലെങ്കിൽ അധ്യാസം ഇല്ല ആത്മാവും ഇത്രയും ഓർത്ത പിന്നെ ഭാഷ്യത്തിൽ പറഞ്ഞു മിഥ്യേതി ഭവിതം യുക്തം എന്ന് വെച്ചാൽ ഇല്ല യദ്യവി തഥാവി യോജന അത് കഴിഞ്ഞിട്ട് ഭാഷ്യത്തിൽ പറയുന്നത് എന്താണോ തഥാവി എന്ന് വന്നതുകൊണ്ട് പറയുന്നു യദ്യവി തഥാവി എന്ന് അന്വയിക്കണം പൂർവത്തിലൊരു യദ്യവിയുടെ യുഷ്മൻ അസ്മത് പ്രത്യേകം അവിടെ യദ്യവി എന്ന് യഥാ കഥ യഥ തഥ എന്ന് പറയുന്നത് പോലെ നിത്യസാപേക്ഷ ശബ്ദങ്ങളാണ് യവീൻ കഥാവും അത് നമ്മൾ വേണമെന്ന് യോജന എന്ന് വെച്ച് അന്വേഷിക്കുന്നു ഇതം അത്ര ആകൂതം ഇനി സിദ്ധാന്തിയുടെ ആശയം പറയുന്നുണ്ട് ആകൂതം എന്ന് പറഞ്ഞാൽ താല്പര്യം ഇതാണ് ഇവിടെ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ട് എന്താണ് സിദ്ധാന്തത്തിന്റെ കുറെ ഭാഗങ്ങൾ പറയുന്നത് ഇതുവരെ ചർച്ച ചെയ്ത് പൂർവപക്ഷവും അതിനെ കണ്ണിക്കലോ കയറും ദ്ധ്യാസം സംഭവിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ് ഈ സിദ്ധാന്തത്തിൽ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള സിദ്ധാന്ത ഭാഗം എന്താണ് അതറിയണമല്ലോ പൂർവക്ഷം പറഞ്ഞാൽ പോലല്ല ആദ്യം പറയുന്നത് ഭവേത് ഏത് ദേവം എതി അഹമിത്വ അനുഭവേ ആത്മതത്വം പ്രഭാസീത ആദ്യം തന്നെ പൂർവക്ഷി പറഞ്ഞതിന്റെ അകത്ത്വെന്ന് പറയാം ഉർവക്ഷി പറയുന്നത് എന്താണ് ഞാനെന്നുള്ള അനുഭവത്തിൻ്റെ വിഷയവുമായ ആത്മാവും ഇതമെന്ന് പറയുന്ന അനുഭവത്തിൻ്റെ വിഷയവുമായ അനാത്മാവും ഇത് രണ്ടും ഭിന്നങ്ങളാണ് എന്നാണ് ഇങ്ങനെയുള്ള പൂർവക്ഷ പറയുന്നത് ഇവിടെ സിദ്ധാന്തി പറയുന്നത് നിങ്ങൾ പറയുന്നത് തുടക്കം തന്നെ അബദ്ധമാണ് യുന്ന ഈ അനുഭവത്തിന്റെ വിഷയമല്ല ആത്മാ അവിടെ തന്നെ തെറ്റും എന്നാണ് ശ്രദ്ധ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നുകൊണ്ട് ആർക്കും ആത്മാവിന് അതിന്റെ യഥാർത്ഥ രൂപത്തെ അറിയാൻ കഴിയില്ല അത് സംഭവിക്കുന്നില്ല അപ്പൊ ഞാൻ എന്ന് പറയുമ്പോ ആത്മാവിനെ അറിഞ്ഞു എന്ന് സ്വീകരിച്ചാല് ഈ പൂർവപക്ഷം നിലനിൽക്കത്തു അപ്പൊ ഞാനെന്ന് പറയുമ്പോ ആത്മാവിനെ അറിഞ്ഞില്ലെങ്കിലോ പിന്നെ ഞാനൊന്നറിയുന്ന ആത്മാവ് എന്ന് പറയാൻ കുറച്ച് കാര്യമുണ്ട് ഞാനൊന്ന് ആത്മാവിനെ അറിയുന്നു ഇതാണ് സിദ്ധാന്തം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാനൊന്ന് ആത്മാവിനെ അറിയുന്നു എന്ന് പറയുന്നത് എന്താണോ അത് ശരി എന്നാണ് പറയുന്നത് ഞാൻ എന്നിങ്ങനെ ആർക്കും ആത്മാവിനെ അറിയാൻ പറ്റില്ല പിന്നെ ആത്മജ്ഞാനം ഉണ്ടല്ലോ ഇനി ആത്മജ്ഞാനത്തിന് വേണ്ടിയൊന്നും ജിജ്ഞാസയുടെ ആവശ്യമുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ താല്പര്യം പറയാൻ പോവാണ് ഭവേ ഏത് ദൈവം ഏത ദൈവം ഭവേ ഏതത് എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഏവം ഭവിയത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആകാം നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാകാം എന്നർത്ഥം എങ്ങനെയാണെങ്കിൽ അഹമെന്നുള്ള അനുഭവത്തിന് ആത്മാവ വിഷയം ആണെങ്കിൽ അഹവും പറയുന്ന അനുഭവത്തിന് ആത്മാവ വിഷയമാണെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ ഭൂർപക്ഷമെല്ലാം എന്താണ് അസംബന്ധമാണ് ആണ് ഏതത് ഏവം ഭവിയത് ഏതെന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആകും ഏതി എങ്ങനെയാണെങ്കിൽ ഏതി അഹമിത്വ അനുഭവേ ആത്മതത്വം പ്രഭാസ ചെയ്ത അഹമിത്വ അനുഭവേ ആകും എന്ന് ഈ അനുഭവത്തിൽ ആത്മതത്വം പ്രഭാസ ചെയ്ത ആത്മതത്വം വെളിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എന്താണ് ശരിയാണ് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദം ആത്മാവിനെ അറിയുന്നില്ലെങ്കിൽ പിന്നെ ആത്മാവും അനാത്മാവും തമ്മിൽ ഇങ്ങനെ ഭേദജ്ഞാനുണ്ടോ ഉണ്ടാകില്ല എന്ന് ആർട്ടി ഇവിടെ നിഷേധിക്കുന്നത് എന്താണ് ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനം ഉണ്ടെന്ന് പൂർവക്ഷം പറഞ്ഞ് ശരിയല്ല ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനമില്ല എന്തുകൊണ്ടില്ല അഹം എന്ന് പറയുന്ന ഈ അനുഭവത്തിലൂടെ ആരോ ആത്മാവിനെ വ്യക്തമായ ഒരു വർഷത്ത് നിഷേധിക്കും അഹമിത്യ അനുഭവേ അഹം എന്ന് പറയുന്ന അനുഭവത്തിൽ ആത്മതത്വം പ്രകാശേത ആത്മതത്വം പ്രകാശിക്കുകയാണെങ്കിൽ നിങ്ങാണ് ഏത് ദേവം ഭവേ എന്ന് അന്വേഷിക്കുന്നു ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ശരിയായ ഭവേ ആശങ്കായം ലിങ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ സംഭവിച്ചതിനുണ്ട് അങ്ങനെയല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കുന്നു അതിനകത്തും ഏതത് അസ്ഥി പറയുന്നു അത് ശരിയല്ല ഏത് നാസ്തി അങ്ങനെ സംഭവിക്കുന്നില്ല എങ്ങനെ ആവുന്നുള്ള അനുഭവത്തിൽ ആത്മാവ് വെളിപ്പെടുന്നില്ല എന്തുകൊണ്ടില്ല തഥായി പറയുന്നത് ഞാൻ വിശദീകരിക്കാം ഇപ്രകാരം എങ്ങനെ സമസ്ത ഉപാധി അനവച്ഛിന്ന അനന്ത ആനന്ദ ചൈതന്യ ഏകര ഏകരസം ഉദാനി ഉദാസീനം ഏകം അദ്വിതീയം സ്മൃതി ഇതിഹാസ പുരാണേഷീയത എന്താണ് ഈ ആത്മതത്വം അതുപോലെ സമസ്ത ഉപാധി അനവഛഹ്നം ഒരു ഉപാധികളും ഇല്ലാത്തതായ ശരീരം ഇന്ദ്രിയം മനസ്സ് പ്രപഞ്ചം തുടങ്ങി ഓരോ ഉപാധികളും ഇല്ലാത്തതാണ് അതാണ് സമസ്ത ഉപാധി രഹിതം അനവച്ഛിന്നതം ഒരു ഉപാധിയും ഇല്ലാത്തതായ ഒരു ഉപാധികൾ കൊണ്ടും പരിച്ഛിന്നമാകാത്തതായ ആത്മാവിനെ കുറിച്ച് പറയൂ അനന്തം കാല ദേശ വസ്തു പരിച്ഛേദ ശൂന്യമാണെന്ത ആത്മാവ് എന്നുവെച്ചാൽ തരത്തിലുള്ള ഉപാധികളുമില്ല കാലം എന്ന് പറയുന്ന ഉപാധിയില്ല ദേശം എന്ന് പറയുന്ന ഒരുപാധിയില്ല വസ്തു എന്ന് ഇല്ലാത്തതായ ആനന്ദം ആത്മാവെന്ന് പറയുന്ന എന്താണ് അനന്തസ്വരൂപമാണ് ചൈതന്യം ചൈതന്യ ഏകരസം ചൈതന്യം എന്ന് പറയുന്ന ഒരേ ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരേ ഒരു തത്വമാണ് ചൈതന്യം മാത്രമാണ് എന്ത് ആത്മാവിനും ഏകരസം ഉദാസീനം അത് അസംഘമാണ് അന്ന തത്വം എന്ന് പറയുന്നത് അസംഘമാണ് ഏകമാണ് ഒന്നാണ് അദ്വിതീയമാണ് അതിനോടൊപ്പം രണ്ടാമതായി മറ്റൊന്ന് ഇല്ല അങ്ങനെയുള്ള ആത്മതത്വം ഈ ആത്മതത്വത്തെ ഞാനെന്ന് പറഞ്ഞാൽ അതിനോട് അറിയുന്നുണ്ട് ഞാനെന്ന് പറയുമ്പോൾ അയാൾ ഞാൻ ആനന്ദമാണ് ചൈതന്യ സ്വഭാവമാണ് അനന്തമാണ് അസംഗനാണ് അദ്വിതീയമാണ് ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട് ഇതാണ് ആത്മതത്വം അതിനഹത്തിലൂടെ അറിയാൻ പറ്റില്ല അഹം അനുഭവത്തിലൂടെ അങ്ങനെ അറിയാൻ പറ്റത്തില്ല പിന്നെ എങ്ങനെ അറിയും ശ്രുതി സ്മൃതി ഇതിഹാസം പുരാണേഷ ശ്രുതികളിൽ പറയുന്നുണ്ട് സ്മൃതികളിൽ പറയുന്നുണ്ട് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഭാഗവതം പോലുള്ള പുരാണങ്ങൾ ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതം പോലുള്ള ഇവിടെയൊക്കെ പറയുന്നു ആ അങ്ങനെ ഒരു ആത്മതത്വം തൊപ്പിച്ച് അഹമെന്ന് അറിയുന്നുണ്ട് അഹം എന്നറിയുന്നത് ആത്മാവാണെന്ന് പറയുമ്പോ തന്നെ അഹം എന്നുള്ള അനുഭവത്തിലൂടെ ശരിയായ ആത്മാവാണ് പൂർണ്ണമായി അറിയാൻ കഴിയില്ല എന്നാണ് അതറിയണമെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റുമോ ശ്രുതി സ്മൃതി ഇതിഹാസ് പുരാണങ്ങളിലൂടെയൊക്കെ അവിടെയാണ് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു ഇത് ഏറ്റവും പ്രധാനമായ ഒരു ആത്മാവിന്റെ ശരിയായ രൂപം ശ്രുതിയിൽ നിന്ന് മാത്രമേ അറിയപ്പെട്ടൂ വേറെ ഒന്നിലൂടെ അറിയാൻ പറ്റില്ല പിന്നെ സ്മൃതി ഇതിഹാസ പുരാണങ്ങളിലൊക്കെ എങ്ങനെ അറിയുന്നു അത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതിന് അനുവാദം ചെയ്തിരിക്കുകയാണ് അങ്ങനെ സമ്മതിച്ചിരിക്കുകയാണ് അതങ്ങനെ തന്നെ എന്നും അറിയുന്നു പുതുതായിട്ട് പറയുന്നു അതിനെ അറിയുന്നതിന് ഒരേ പ്രമാണമേ ഉണ്ട് എന്ത് ശ്രുതിയിലൂടെ അറിയുന്നുണ്ട് ഇതാണ് സിദ്ധ അതുകൊണ്ട് ഇതുവരെ പൂർവപക്ഷി പറഞ്ഞുകൊണ്ടിരുന്ന എന്തോന്ന് അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു എന്നുള്ളതാണ് അത് ശരിയല്ല എന്തുകൊണ്ട് അഹം എന്ന് പറയുന്ന അധ്യാസം കൊണ്ട് സംഭാവിക്ക സംഭവിക്കുന്നതാണ് ഞാൻ ആത്മാവും അനാത്മാവും കൂടെ താതാത്മ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ അനുഭവം ഉണ്ടായത് അനുഭവങ്ങൾ അല്ല ഇത് കേവലമായ ശുദ്ധമായ ആത്മാവിനെ ഇനി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് വരുന്നത് ഇപ്പം നേരത്തെ കൂർവക്ഷി എന്താണ് പറഞ്ഞത് എവിടെ അധ്യാസമുണ്ടോ അവിടെ ഭേദജ്ഞാനും ഉണ്ട് ഇനി അത് പറയാൻ പറ്റില്ല എന്നുണ്ട് എവിടെ ഭേദാനോ ഇല്ലയോ അധ്യാസമില്ല അതൊന്നും ഇനി പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ ആത്മാവും അനാത്മാവും തമ്മിലുള്ള ഭേദജ്ഞാനവും ഉള്ളതുകൊണ്ട് അധ്യാസമില്ലെന്ന് തന്നെ പറയുന്നു ഇവിടെ ആത്മാവിന്റെ ഞാനും ഇല്ല പിന്നെങ്ങനെ അനാത്മാവുമായിട്ടുള്ള ഭേദജ്ഞാനമുണ്ട് പിന്നെ അധ്യാസം നിങ്ങൾ വരാൻ പറ്റും മറിച്ച് ഈ ഞാനെന്ന് പറയുന്ന ഈ അനുഭവമാണ് അധ്യാസം ഞാനെന്ന് പറയുന്ന അനുഭവത്തിലൂടെ അറിയുന്ന അരുടെ ആത്മാവാണ് ആത്മാവെന്ന് പറയുന്ന എന്താണ് നിത്യമാണ് ഭാഷ നിത്യ ശുദ്ധ ബുദ്ധ മുക്തസ്വരൂപമായ ആത്മാവാണ് നിങ്ങളെങ്ങനെ അറിഞ്ഞു അത് ശ്രുതി ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് വേദത്തിലൂടെ അറിയാൻ പറ്റുമോ അതിലെങ്കിൽ പിന്നെ അദ്വൈതമില്ല പിന്നെ യുക്തിവിചാരമൊക്കെ ചെയ്യുന്ന എന്തിന് വേദത്തിലൂടെ മനസ്സിലാക്കുന്നതിന് ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യുക്തി വിചാരം അത്രയുള്ളൂ അല്ലാതെ ആത്മാനറിയാതെയാണ് അദ്വൈതയുള്ളത് എ mm. Yeah, I'm not going to do that sort of